നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചു പക്ഷെ റിപ്ലൈ ഇല്ല നിങ്ങളവരെ ഒത്തിരി സ്നേഹിച്ചു പക്ഷെ അവര് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ എത്ര ആളുകൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കോ അത്രയും നമ്മുടെ വില കുറയും നിങ്ങൾ നിങ്ങളെ തന്നെ വിലയില്ലാതെ കണ്ടാൽ മറ്റുള്ളവര് നമ്മളെ എങ്ങനെ വില മതിക്കോ ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്താൽ മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം പ്രശ്നം നിങ്ങളിലല്ല അവരുടെ പ്രയോറിറ്റിയിലാണ്